ഐസ അലഹിസലാം അവരിൽ നിന്ന് സത്യനിഷേധം കണ്ടപ്പോൾ പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ എനിക്കാരാണ് സഹായികൾ ഹവാരികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിൻറെ സഹായികളാണ് ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു ഞങ്ങൾ മുസ്ലിംകളാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ